ഇവിടെ ചർച്ച ചെയ്യുന്നത് അവസ്ഥ അപരോക്ഷ്യൂഹാരോഗ്യത്വം എന്ന് പറയുന്ന ലക്ഷണത്തിന്റെ ദളപ്രയോജനം അവേദ്യത്വം പറയാതെ അപരോക്ഷ വിഹാരോഗ്യത്വം എന്ന് പറഞ്ഞാൽ എന്ത് ദോഷം പറഞ്ഞു ഘടാതികളും അപരോക്ഷ്യൂഹാരോഗ്യമാണ് ലക്ഷണോടൊപ്പം സ്വപ്രകാശമായ ചിതാത്മാവിന്റെ ലക്ഷണം ഘടാദികളിൽ പോയാൽ എന്താ അതിപ്പതുകൊണ്ട് അവേദ്യത്വം ചെയ്യുന്നുണ്ട് അപ്പം ചോദിക്കുന്ന അവേദ്യത്വം അത് മതി അത് പറയുക കാരണം സ്വപ്രകാശം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വേദ്യമല്ലെന്നാണ് ചിതാത്മാ സ്വപ്രകാശമാണ് എന്ന് പറഞ്ഞാൽ വേദ്യമില്ലെന്ന് പറഞ്ഞാൽ മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നില്ല സ്വയം പ്രകാശിക്കുന്നു എന്നു പറഞ്ഞാൽ മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നില്ല പ്രകാശം എന്ന് വെച്ചാൽ ഇവിടെ ജ്ഞാനമാണ് എന്നു പറഞ്ഞാൽ വേദ്യമല്ല അവേദ്യം അങ്ങനെ പറഞ്ഞാൽ എന്താ അപ്പോ സിദ്ധാന്തി പറയുകയാണ് അവേദ്യം എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതീത അനാഗതങ്ങളിലും ധർമാദികളിലും അതീതം എന്താണ് ഇപ്പോ നമ്മുടെ മുമ്പിലില്ലല്ലോ കഴിഞ്ഞു പോയി അനാഗതവും മുമ്പിലില്ല ധർമ്മം അതും വേദ്യമല്ല അതിലെല്ലാം പോകുമെന്ന് പറഞ്ഞു പറഞ്ഞു ഇതൊന്നും ഇതെല്ലാം വേദ്യമാണ് പൂറോക്ഷ പറയും എന്തുകൊണ്ട് ആഗമവേദ്യമാണ് ധർമാദികൾ അതീതം അനാഗതവും ചിലപ്പോൾ ആഗമത്തിലൂടെ അറിയാൻ പറ്റും പിന്നെ അനുമാനത്തിലൂടെ അറിയാൻ പറ്റും അനുമതിജ്ഞാനവും ഉണ്ടാവും ഇതൊക്കെ അവേദ്യമെന്ന് അങ്ങനെ പറയാൻ കഴിയുന്നു അപ്പം ഇവിടെ ഈ അവേദ്യത്തെ സംബന്ധിച്ച് ഇപ്പം ധർമ്മത്തെടുത്തു കഴിഞ്ഞാൽ ധർമ്മം അവേദ്യമാണെന്ന് സിദ്ധാന്തി പറയുന്നു പൂർവക്ഷി പറയുന്നു ധർമ്മം വേദ്യമാണ് ആഗോള വേദ്യമാണ് ഈ അഭിപ്രായ വ്യത്യാസം വരാൻ എന്താ കാരണം വേദ്യ അർത്ഥം ഉള്ള വ്യത്യാസം വേദ്യ രണ്ട് തരത്തിലുണ്ട് വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് പറഞ്ഞത് വൃത്തിനു ഘടം തത്രജ്ഞാനം ധിയശീ ംഭാസേന ഘടസ് പഞ്ചദശയിലെ ദീപ്തി പ്രകടനത്തിൽ വിദ്യാരണി സ്വാമി പറയുന്ന ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടോ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് വൃത്തി തസ്ത ചിതാഭാസവും വൃത്തിയും തസ്തമായ എന്ന് പറഞ്ഞ വൃത്തിയായ ചിതാഭാസനും ചൈതന്യവും ചിത്തിന്റെ ആഭാസം ചിത്തിനെ പോലെ ഭാസിക്കുന്നു എന്ന ശുദ്ധ ചിത്തല്ല പിന്നെന്താണ് ചിത് പ്രതിബിമ്പെന്നും പറയും ഈ ചിത്ര പ്രതിബിമ്പ എവിടെ വരുന്നു അതിസ്വച്ഛമായ അന്ധകരണത്തിൽ അദ്വൈതികളുടെ പ്രക്രിയ അനുസരിച്ച് പ്രത്യക്ഷം ഞാൻ ഉണ്ടാകുമ്പോൾ വിശേഷിച്ചക്ഷിണേന്ദ്രിയത്തിലൂടെ അന്ധകരണം ഇന്ദ്രിയവാരത്തെ വിഷയാകാരത്തിൽ വ്യാപിക്കുന്ന ഒന്നാണ് അത് അദ്വൈതികളുടെ പ്രക്രിയ അങ്ങനെ വ്യാപിക്കുമ്പോൾ കേവലമായ അന്ധക്കരണമല്ല പുറത്തു പോകുന്നത് പിന്നെയോ ചിതാഭാസത്തോടുകൂടിയാണ് ചിത് പ്രതിബിംബത്തോടു കൂടിയതാണ് അന്ധക്കരണം അത്യധികം സ്വച്ഛവും സൂക്ഷ്മവുമായതുകൊണ്ട് ഇത് പുറത്തു പോകാന്ന് വെച്ചാൽ അത് പരിണമിച്ചു പോവുകയാണ് അത് പരിണമിക്കുന്ന സാധനമാണല്ലോ ഉദാഹരണം പറയുന്നു എങ്ങനെയാണോ ഓട്ടുപാത്രം ഉണ്ടാക്കുമ്പോൾ മൂശാരി ആദ്യം എന്തുണ്ടാക്കുന്നു മൂശ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഉരുക്കി ഒഴിക്കുന്നു ഓട്ടുപാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോഹക്കൂട്ട് ഉരുക്കി ഒഴിക്കും ആ ലോഹക്കൂട്ട് അങ്ങോട്ട് ചെയ്യുന്നു അത് നിലവിളക്കിന്റെ ആകൃതിയിലോ അല്ലെങ്കിൽ ഉരുളിയോ വാർപ്പോ ഏതെന്ന് വെച്ചാൽ ആകൃതിയിലേക്കത് മാറുന്നു അതുപോലെയാണ് അന്ധകരണവും അതിസ്വച്ഛവും സൂക്ഷ്മവുമായതുകൊണ്ട് ഇന്ദ്രിയദ്വാര ബഹിർഗമിച്ച് വിഷയാകാരത്തിലേക്കത് മാറുന്നു എന്നാണ് അപ്പോൾ സ്വച്ഛമായതുകൊണ്ട് തന്നെ അത് എവിടെ ശരി കണ്ണാടി എവിടെ പിടിച്ചാലും അതി പ്രതിബിംബം വരും എന്ന് പറയുന്ന പോലെ എവിടെ പോയാലും അവിടെയല്ല എന്ത് വരും ചിത് പ്രതിബിംബം വരും അപ്പൊ വിഷയത്തിൽ വ്യാപിക്കുന്നത് കേവലം വൃത്തിയുമല്ല കേവലം രണ്ടും കൂടെ ചേർന്നാണ് ചിതാഭാസം എന്ന് പറയുന്നു അതാണ് വൃത്തി ി ചെറിയ പാഠഭേദത്തിലും ചിരട്ടൊക്കെ കാണുന്നു രണ്ടും അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഘടപ്രത്യക്ഷം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത് പറയുന്നു തത്ര അജ്ഞാനം ധിയ അവിടെ ഉള്ള അജ്ഞാനം അജ്ഞാനം എല്ലായിടത്തും ഉണ്ടല്ലോ അവിടെയുണ്ട് ഇതൊക്കെ വളരെ സങ്കീർണ്ണമായ പ്രക്രിയകളാണ് വേദാന്ത പരിഭാഷ പഞ്ചദശി അതിനൊക്കെയുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അതിൽ തന്നെ പല പല പ്രക്രിയകളുണ്ട് ഒന്നല്ല അജ്ഞാനം ഇവിടെ ഇരിക്കുന്നു ഉശിതാവാസനെന്താണ് അതിൻ്റെ ജോലി എന്താണ് ഇതിലൊക്കെ പല പല ആചാര്യന്മാർ പല പല പ്രക്രിയകളുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യക്ഷ ഞാൻ ഉണ്ടാകുന്ന പറയുന്ന ഒരു യാഥാർത്ഥ്യം അതെങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് പലതരത്തിലുള്ള പ്രക്രിയ എങ്ങനെയാകാം ഇതിനെ കുറിച്ചൊന്നും ഭാഷകാരം വിശദീകരിച്ചിട്ടില്ല എന്നുവെച്ചാൽ പിന്നീട് വന്ന പ്രക്രിയ ഗ്രന്ഥങ്ങളിൽ പറയുന്ന പോലെ വിശദീകരിച്ചിട്ടില്ല വൃത്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പറയുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളൊന്നും ഭാഷ കിട്ടത്തില്ല അപ്പോ അങ്ങനെ ചെന്ന് വിഷയത്തിൽ വ്യാപിച്ചു കഴിയുമ്പോൾ വൃത്തി അതിസ്വച്ഛമായതുകൊണ്ട് അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞു ആ വൃത്തിയിലുള്ള ചിതാഭാസൻ ചിത് പ്രതിബിംബം അത് ഘടത്തിൻ്റെ പ്രകാശിപ്പിക്കുന്നു അതാണ് ഘടജ്ഞാനം പ്രകാശിക്കുന്നത് നമുക്ക് ഘടകം ഉണ്ടാകും അപ്പം ജോലിയാണ് അതിനെ പ്രകാശിപ്പിക്കാമെന്ന് പറയുന്നത് ചിതാഭാസൻ എന്തുകൊണ്ട് പ്രകാശിപ്പിക്കേണ്ടി വരുന്നത് കാരണം ഘടം സ്വയം ജടമാണ് അപ്പം അതിനെ പ്രകാശം ഉണ്ടാവേ അതേവൃത്തിയിലുള്ള ചിതാഭാസനാണ് പ്രകാശിപ്പിക്കുന്നത് അയംഘട എന്നുള്ള ജ്ഞാനുണ്ടാവും തത്രാജ്ഞാനം എന്നുവെച്ചാൽ അവിടെയുള്ള അജ്ഞാനം തത്രയ്ക്ക് പലരും പല അടുത്താണ് പറയുന്നത് അങ്ങോട്ടൊപ്പം നമ്മൾ പോയാ നശി ധീ വൃത്തി കൊണ്ട് നശിക്കും അഭാസം കൊണ്ട് ഘടസ്ഫുരി പരിണമിക്കുന്നതിന് വൃത്തി വ്യാപ്തി എന്ന് പറയും വൃത്തി ഘടാകാരമായി പരിണമിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഫലവ്യാപ്തി എന്ന് പറഞ്ഞ എന്താണ് ചിതാഭാസൻ ഘടകത്തെ പ്രകാശിപ്പിക്കുന്നു അങ്ങനെയാണ് പറയുന്നത് ഫലവ്യാപ്തി അങ്ങനെ വൃത്തിഘടാകാരമായി പരിണമിക്കുന്നതിനെ കുറിച്ച് ഈ ശ്ലോകത്തിൽ പറയുന്നില്ലേ വൃത്തിഘടാകാരമായി പരിണമിക്കുന്നതിനെ കുറിച്ച് ഈ ശ്ലോകത്തിൽ പറയുന്നില്ലേ വൃത്തിഘടാകാരമായി പരിണമിക്കുന്ന കാര്യം ഈ പറഞ്ഞ ശ്ലോകത്തില് ഉണ്ടോ ഘടത്തിന്റെ പേരവിടെ പറയുന്നില്ല അജ്ഞാനം ധിയ നശ്യം ഏഹ് നശ്യം ധിയാസേന അത് എന്താണോ വൃത്തി അപി വ്യാപ്യുതേ ഘടം രണ്ടും ഘടത്തെ വ്യാപിക്കുന്നു തുടങ്ങുന്നേ അപ്പോ അത് രണ്ടും വന്നു വൃത്തി വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വൃത്തി വിഷയാകാരത്തിൽ പരിണമിക്കുന്നുണ്ട് പറഞ്ഞു അത് പരിണമിക്കുമ്പോൾ വൃത്തിയിൽ ഇരിക്കുന്ന ചിതാവാസനം വ്യാപിച്ചേ പറ്റൂ അത് അതിൽ പറയുന്നുണ്ട് ഇനി കൂടുതൽ പറയാനാണെങ്കിൽ ബ്രഹ്മണ്യ അജ്ഞാനനാശായ വൃത്തിവ്യാപ്തിരപേക്ഷിത സ്വയം പ്രകാശരൂപത്വ ആഭാസോനുപയുജ്യത്തെ ബ്രഹ്മത്തിലേക്ക് വരുമ്പോൾ പറയും ഇത് ഘടത്തെ സംബന്ധിച്ചിട്ടാണ് ബ്രഹ്മണ്യ അജ്ഞാനനാശായ അപ്പോ വൃത്തിയാണ് എന്ത് ചെയ്യുന്നത് വൃത്തി പ്രണാമിച്ചിട്ടാണ് അവിടെ അജ്ഞാനത്തെ അനുഷ്ഠിക്കുന്നത് ബ്രഹ്മത്തിലായാലും അങ്ങനാണ് ബ്രഹ്മണ്യജ്ഞാനനാശായ വൃത്തിവ്യാപ്തിരപേക്ഷിത വൃത്തിവ്യാപ്തി വേണം എന്നുവെച്ചാൽ വൃത്തി അവിടെ പരിണമിക്കണം ഘടത്തിൽ വൃത്തി പരിണമിക്കുമ്പോ ആ വൃത്തിക്ക് പറയുന്നതാണെന്ത് ഘടാകാരവൃത്തി ബ്രഹ്മത്തിൽ വൃത്തി പരിണമിച്ചാൽ ബ്രഹ്മാകാര വൃത്തി ഒരു കുറേ കല്പനകളാണ് ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് ഉടനെ ഹിമാലയ പർവ്വതം പോലെ ഒരു ബ്രഹ്മം ആ ബ്രഹ്മത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വൃത്തി ഓടി നടക്കുന്നു കവർ ചെയ്യുന്നു ഇതൊന്നും മനസ്സിൽ കണ്ടുകളരുത് പലരും അങ്ങനെയൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ട് നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഒരു സാധനമല്ല ബ്രഹ്മം എന്ന് പറയുന്നത് ഇതൊരു പ്രക്രിയ മാത്രം അത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതിന് വിശദീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചിന്താരീതി അത്രയേ ഉള്ളൂ വസ്തുനിഷ്ഠമായ ഒരു വിശദീകരണമായിട്ടൊന്നും ഇത് എടുക്കരുത് സാധാരണ ഈ സാമ്പ്രദായികമായി പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വർണ്ണിക്കുന്നതുകൊണ്ട് തോന്നും അതൊക്കെ അങ്ങനെ നടക്കുകയാണ് ഞാൻ അത്ര സാമ്പ്രദായികനൊന്നും അല്ല അപ്പോ അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത് ഒരു അതാണ് പ്രക്രിയ എന്ന് പറയുന്നത് ഒരു വിചാര രീതി അങ്ങനെ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ചിന്ത എന്ന് പറയുമ്പോൾ അവിടെ ഒരു വസ്തുനിഷ്ഠമായ പഠനമല്ല ഇന്നത്തെ ശാസ്ത്രീയ രീതിയല്ല അവിടെ അവലംബിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള യുക്തിചിന്ത ആ രണ്ടുരണ്ടാണ് ശാസ്ത്രീയമായ പരീക്ഷണം നിരീക്ഷണമെന്ന് വരുമ്പോൾ കേവലം യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിലല്ല ഇവിടെ അങ്ങനെയല്ല അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള യുക്തിചിന്ത ആ യുക്തിചിന്തയിൽ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും കിടത്തിക്കൊണ്ടുവരും അതാണ് ഒരിക്കലും വസ്തുനിഷ്ഠമായ വിശകലനത്തിന് അത് വിധേയമാവണമെന്നില്ല അതാണ് പ്രത്യേകത അതുകൊണ്ട് ഇതൊരു പ്രക്രിയ എന്ന് പറയും എന്നുവെച്ചാൽ ഒരു വിചാര രീതിയാണ് ആ വിചാര രീതിയിലൂടെ കാര്യങ്ങളെ ബോധ്യപ്പെടുന്നു ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല ആവശ്യമില്ലെന്നാണ് അങ്ങനെ വസ്തുനിഷ്ഠമായി വിചാരം ചെയ്യാൻ പറ്റുമോ ആത്മനിഷ്ഠമായി ചിന്തിച്ച് ഗ്രഹിക്കേണ്ട ഒരു കാര്യത്തില് പറ്റത്തില്ല ആ സമയം ഈ ഇരിക്കുന്ന വസ്തു എന്താണെന്ന് എനിക്കറിയണമെങ്കിൽ ആത്മനിഷ്ഠമായി ചിന്തിച്ചാൽ പറ്റുമോ ഇവിടെ വസ്തുനിഷ്ഠമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഇത് യുക്തിയിലൂടെ തീരുമാനിക്കാൻ പറ്റത്തില്ല ആ ഇത് യുക്തിയിലൂടെ തീരുമാനിക്കാൻ ഒരു വെഡിയാകും അപ്പം ഇതറിയേണ്ട എന്താണോ വസ്തുനിഷ്ഠമായ പരീക്ഷണങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് സയൻസ് എന്ന് പറയുന്നത് അതിന് ശരിയും തെറ്റുമൊക്കെ വരാം അതോ ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല വേറെ എല്ലായിടത്തും സംഭവിക്കുക അവിടെയും വരാം പലരുടെയും നിരീക്ഷണങ്ങളിൽ വ്യത്യാസവും വരാം ഇതൊക്കെ അംഗീകരിച്ചാലും അതിന്റെ പ്രക്രിയ വേറെയാണ് എന്നുവെച്ചാൽ അതിന്റെ മെത്തഡോളജി വേറെയാണ് ഇതങ്ങനെയാണ് ഇവിടെ രണ്ടു കാര്യങ്ങളെ ആശ്രയിക്കുന്നുള്ള അനുഭവം അനുഭവം എന്ന് പറയുന്നത് എങ്ങനെയുള്ള അനുഭവം അങ്ങനെയുള്ള അനുഭവം പ്രമാണങ്ങളിൽ നിന്നുള്ള അനുഭവം മനസ്സിലായത് പ്രമാണങ്ങളെ അപേക്ഷിക്കുന്നുണ്ട് ആ പ്രമാണങ്ങളിൽ നിന്നുണ്ടായ അനുഭവത്തോടെ യുക്തിയും കൂടെ ചേർത്തിട്ട് ചിന്തിക്കുന്നു അപ്പോൾ ആത്മനിഷ്ഠമായ ചിന്ത എന്ന് അതിനെ പറയുന്നു സാറിന് പറയുന്ന ലോജിക്കും അങ്ങനെയല്ല തത്വചിന്തയുമായിട്ടും വ്യത്യാസമാണ് കാരണം അവിടെയൊന്നും എന്തില്ലാ ആത്മനിഷ്ഠത എന്ന് പറയുന്ന അവിടെ സാധാരണ തത്വചിന്തയിലുമില്ല യുക്തി വിചാരത്തിലുമില്ല ഇതുമാത്രമാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് അങ്ങനെ വരുമ്പോ ഇതിനെ നമ്മളൊരിക്കലും ഒരു വസ്തുനിഷ്ഠമായ വിശകലനമായിട്ട് എടുക്കരുത് ഇത് ആത്മനിഷ്ഠമായ വിശകലനം തന്നെയാണ് ഇങ്ങനെ ആണ് എന്നല്ല ഇവിടെ പറയുന്നത് പിന്നെ എന്താണോ ഇങ്ങനെ ആകാം എന്നാണ് അതുകൊണ്ടാണ് പല അഭിപ്രായം വരുന്നത് ഒരാൾ ഇങ്ങനെയാണ് വേറെ ആൾ പറയുന്നത് ഇങ്ങനെയാണ് അജ്ഞാൻ എവിടെയിരിക്കുന്നു കഠാബച്ചന്റെ ചൈതന്യത്തിലാണോ ഇതന്താബച്ചന്റെ ചൈതന്യത്തിലാണോ മറ്റിടത്താണോ മറിച്ചിടത്ത് ഇവിടെയും കൊണ്ട് തല ചൂടാക്കുന്ന ചിന്തകളൊക്കെ ഉണ്ട് അപ്പോ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവരുടേതായ വിചാര രീതി അവലംബിക്കുന്നു പക്ഷെ അവർക്ക് എല്ലാവർക്കും പറയാനൊരു തത്വമുണ്ട് ഇതാണ് തത്വം അത് ആത്മനിഷ്ഠമായി ബോധിക്കേണ്ട തത്വമാണ് അവരവലംബിക്കുന്ന രീതികൾ വ്യത്യാസം ഇത് രണ്ടും നമ്മളുടെ പ്രധാനമായ വ്യത്യാസം അതാണ് അത് കേവലം ആശയവാദവുമല്ല ഐഡിയലിസം എന്ന് പറയുന്നതും അല്ല കാരണം അവിടെയെങ്കിലും ആത്മനിഷ്ഠത എന്ന് പറയുന്ന ഒന്നിന് സ്ഥാനമില്ല അപ്പോ ഇവിടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഏതെന്ത്രങ്ങളിലൂടെയും വൃത്തി വിഷയാകാരമാകാം വിഷയദേശത്ത് പോണമെന്നുമില്ല ഉള്ളിലുമാകാം ഇത് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ് പോയിത്തന്നെ വൃത്തി അങ്ങനെ പരിണമിക്കണമെന്നില്ല ഞാനിപ്പോൾ ആനയെ സ്മരിക്കുന്നു വൃത്തി വിഷയാതാരമായി പക്ഷെ ആനയുണ്ടോ പുറത്തു പോയോ ഇല്ല അപ്പോൾ വൃത്തി വിഷയാകാരമാകുന്നതിന് പുറത്തു പോകണമെന്ന് പക്ഷേ വിഷയജ്ഞാനം ഉണ്ടാകുമ്പോൾ വൃത്തി വിഷയാധാരമാകുന്നു അത് സ്വീകരിച്ചേ മതിയാവും അങ്ങനെ വരുമ്പോൾ വൃത്തിയുടെ ജോലി അജ്ഞാനത്തെ നശിപ്പിക്കുക ചിതാഭാസന്റെ ജോലി വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന വിഷയജ്ഞാനം ഉണ്ടാക്കുക ഇത് എന്നതാണെന്നുള്ള ബോധം ഉണ്ടാക്കുക ബ്രഹ്മണ്യ അജ്ഞാനനാശായ ബ്രഹ്മത്തെ സംബന്ധിച്ചായാലും ശരി അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനവിടെ വൃത്തിവ്യാപ്തിരപേക്ഷിത ബ്രഹ്മാകാര വൃത്തി കൂടിയ തീരു എന്നാൽ ഇതാണ് കൂടുതലായി പറയാനുള്ള പറഞ്ഞത് സ്വയം പ്രകാശരൂപത്വെന്താണോ ഇത്ത സ്വയം പ്രകാശമാണ് എന്നുവച്ചാ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ അറിവാണ് അതറിവായത് കൊണ്ട് ആഭാസോപയുജ്യത്തെ അതിനെ റിയിക്കുന്നതിന് വേണ്ടി ചിതാഭാസത്തിന്റെ ആവശ്യം ഇല്ല ഇതാണ് വ്യത്യാസം അവിടെ വൃത്തി ഉണ്ട് അവിടെ പക്ഷെ ആഭാസം ആഭാസമില്ലേ ഉണ്ട് പക്ഷെ അതിന് പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ഒരു കൽപ്പന സ്വപ്രകാശോ അവിക്ഷീവ ധീവൃത്ത വ്യാപ്യത്തെ അന്യവത് ഞാൻ സുപ്രകാശ സ്വരൂപനാണ് എന്നാണല്ലോ ഇവിടെ അറിയേണ്ടത് അല്ലേ അവിടെ ഞാനെന്ന് പറയുന്ന ആര് ആരെയാണ് ഞാനെന്ന് പറയുന്നത് സാക്ഷി തന്റെ എല്ലാ വൃത്തി വ്യാപാരങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന അറിവിനെയാണ് പറയുന്നത് എന്ത് അത് സ്വപ്രകാശമാണ് അതാണ് സ്വപ്രകാശോ സാക്ഷി ആ സാക്ഷി സ്വപ്രകാശമാണെങ്കിലും സാക്ഷി തന്നെ ധീവൃത്തിയാ വ്യാപ്യത അന്യവർ ധീവൃത്തിയാൽ വ്യാപിക്കപ്പെടുന്നു എന്നുവച്ചാ അവിടെ വൃത്തി വ്യാപ്തി ഉണ്ടാകുന്നു എപ്പോ ഞാൻ സ്വയംപ്രകാശനാണെന്നറിയുമ്പോഴും ൃത്തിന്ന് പറഞ്ഞാൽ ബുദ്ധിവൃത്തിൃത്യാവാപ്യതേ വ്യാപിക്കപ്പെടുന്നു എന്നുവച്ച വൃത്തിവ്യാപ്തി അവിടെയും ഞാൻ സ്വയംപ്രകാശനാണെന്നറിയുന്നിടത്തും വൃത്തിവ്യാപ്തി അന്യവേതുപോലെ ഭടവത്തിൽ എങ്ങനെയാണോ വൃത്തിവ്യാപ്തി ഉണ്ടാകുന്നത് പടം ജ്ഞാനത്തിൽ വൃത്തിവ്യാപ്തി നേരത്തെ വിശദീകരിച്ചല്ലോ അതുകൊണ്ടാണ് പറയുന്നത് സുപ്രകാശോവി സാക്ഷീവ ധീവൃത്യ വ്യാപിതെ അന്യപ് അപ്പൊ അവിടെയും എന്തിന് വൃത്തിവ്യാപ്തിയെ സ്വീകരിക്കുന്നു എന്തിന് സ്വീകരിക്കുന്നു ആദനാണ് എത്തു പറയുന്നത് ഫലവ്യാപ്യത്വമേവസ്യ ശാസ്ത്രകൃതിർ നിവരിതം ഇവിടെ വൃത്തിവ്യാപ്തിയെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഫലവ്യാപ്യത്വം ഏവ അസ്യ ശാസ്ത്രകൃദ്ധി നിവരിതം ശാസ്ത്രകാരന്മാർ പൂർവാചാര്യന്മാർ ഇവിടെ വ്യാപ്യത്വത്തെയാണ് നിഷേധിച്ചത് വൃത്തി വ്യാപ്തി അല്ല എന്ന് ഫലവ്യാപ്യത്വമേവാസ്യ ശാസ്ത്രകൃദ്ധിവാരിതം സ്വപ്രകാശത്തിന്റെ ഉം ൃത്യാപ്യത്തെ ഫലവ്യപ്യമേവാണി ബ്രഹ്മോന്നോ ആത്മാ ം ഫലം വ്യാപ്യത്വമേവ അസ്ത്രം നിവാരം ആർക്കെങ്കിലും പറയാമോ ഞാൻ മൂന്ന് ശ്ലോകങ്ങൾ പറഞ്ഞു ഇത് തന്നെ ഒരിക്കലും പറയാം മൂന്നാമത്തെ സാക്ഷീവത്തെ അന്യവർ ഘടവ അതായത് ഞാൻ ഈ ഓരോ പദങ്ങൾ നിർത്തി പറയുന്നത് എന്റെ അർത്ഥം മനസ്സിലാക്കി മനസ്സിൽ ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങളിങ്ങനെ പറയുമ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സാവകാശം പറയും അർത്ഥം മനസ്സിലാക്കിയ പദങ്ങൾ മനസ്സിലപ്പത്തന്നെ ഉറപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി വരുന്നു അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഇത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഇത് മറന്നുപോയാലും കുഴപ്പമില്ല പിന്നെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ വീണ്ടും കിട്ടും അല്ല ഇതൊന്ന് വീട്ടിൽ പോയിരുന്നു പഠിക്കേണ്ട കാര്യങ്ങളല്ല എന്നാണ് സാവകാശം പറയും ഇപ്പൊ തന്നെ മനസ്സിലാകും ഉറപ്പിക്കണം ഉറയ്ക്കണം അങ്ങനെ ഒരു തവണ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അർത്ഥം കൂടെ മനസ്സിലാകണം എന്നാലേ അത് ഉറക്കത്തുള്ളൂ ചിലപ്പോ ഇതിലൊരു ചായോ ഏവയോ ചിലപ്പോ മാറിപ്പോന്നാൽ അർത്ഥത്തിന് കുഴപ്പമൊന്നും വരത്തില്ല കാരണം ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നു പറയുന്നതാണ് ശാസ്ത്രകൃത്വം ഇത്രയുള്ളൂ നിന്ന് പറഞ്ഞു നോക്കി നോക്കാതെ ധീവൃത ഫലവ്യാപ്യത്വമേവാസ്യ ഇത്രയുള്ളൂ പഠിച്ചു കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞു മനസ്സിൽ കുറച്ച് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇതിനൊരു രീതിയുണ്ട് നമ്മള് നിങ്ങൾ ധാരാളം സാറിന് വിചാരിക്കുന്ന പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു പണിയാണെന്നാണ് എന്തോ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഒരു ശ്രദ്ധ അതിനോടുണ്ടായാൽ മാത്രം മതി പിന്നെ പരാതി വരുന്നതാണ് മറന്നുപോകുന്നുള്ളത് മറക്കും മറക്കുന്നത് സ്വാഭാവികമാണ് ഇതിന്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താശയം മറന്നാലും ഓർക്കാൻ കഴിയും എന്നൊക്കെയുമായി നഷ്ടപ്പെടുത്തില്ല എവിടെയെങ്കിലും കിടക്കും അത് ഒരു സന്ദർഭം വരുമ്പോ അതിങ്ങനെ മനസ്സിലേക്ക് കിടന്നു വരും അങ്ങനെ വരണമെന്നു നിയമൊന്നുമില്ല എന്നാലും വരും ഒരിക്കലും അത് മനസ്സ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനസ്സ് നിൽക്കണം എന്നാലും ഇത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് കുഴപ്പമില്ല മറ്റെവിടെയെങ്കിലും മനസ്സ് പ്രവർത്തിക്കുകയാണെങ്കിൽ പോയി അധികം പ്രവർത്തിക്കാൻ പാടില്ല മനസ്സിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ നിൽക്കണം നിർത്താൻ കഴിയണം മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നതിനും കുഴപ്പമൊന്നും ഇത് പൂർണമായും പെട്ട് മനസ്സ് മറ്റു കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് വളരെ മനസ്സിന് മനസ്സിങ്ങനെ മുഴുകുന്ന ഒരു സ്വഭാവമുണ്ട് ഒരുപാടുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇത് വിട്ടുപോകും അത് തെളിവാണ് നമ്മൾ കൂടുതൽ വ്യവഹാരങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും അപ്പം മനസ്സിൽ വരത്തില്ല ആ വ്യവഹാരങ്ങളെ വിട്ടിട്ട് ഇരുന്ന് കടന്നു വരാനൊരു സ്പേസ് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ അതൊക്കെ വരും ചിന്തിക്കണം അതാണ് അപ്പോൾ അത് എത്ര കാലം മുമ്പ് മനസ്സിൽ കയറിയിരുന്നായാലും ശരി വരും സാധാരണ വരും ചിലപ്പോൾ ചെറിയ എററൊക്കെ വരാം അത് മനസ്സല്ലേ എറർ ഇല്ലാതെ ഇരിക്കില്ലല്ലോ അപ്പൊ ആശയവും വ്യക്തമായി ആദ്യം പറഞ്ഞെന്തായിരുന്നു ഏ ഇപ്പ ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഞാനും ഇത് മറന്നിരിക്കുകയാണ് നിങ്ങളും പറഞ്ഞിരിക്കുകയാണ് എന്റെ മനസ്സിലേക്കും കടന്നു വരണം നിങ്ങളുടെ മനസ്സിലേക്കും കടന്നു വരണം രണ്ടും രൂപ തന്നെയാണ് ബ്രഹ്മണ്യജ്ഞാന നാശായ വൃത്തിവ്യാപ്തിരപേക്ഷിത അത് സ്പഷ്ടമാണല്ലോ ബ്രഹ്മണ്ശാത്തിവ്യപ്തിരപേക്ഷിത സ്വയം പ്രകാശോ നോപയുജ്യു ജ്ഞാന വൃത്തി വ്യാപ്തിരപേക്ഷിത സ്വയം പ്രകാശരൂപത്വ് ആഭാസോപയുജ്യതേ ഇവിടെ വേറൊരു കാര്യം പറയുന്നു ബ്രഹ്മത്തിലെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വൃത്തി വേണം എന്നാൽ ആഭാസം വേണ്ട ആഭാസം തന്നെയാണ് ഫലം ആഭാസവ്യാപ്തിയാണ് ഫലവ്യാപ്തി എന്ന് പറയുന്നത് ഇവിടെയും ഫലം എന്നുള്ള ശബ്ദം പറയും പിന്നെ ഈ രണ്ടു കാര്യത്തിനും പൊതുവായി പറയുന്ന നിയമമാണ് പറഞ്ഞത് വൃത്തിനധ്യവചനമാണ് തത്രാജ്ഞാനം ആഭാസേന ബുദ്ധിക്ക് വലിയ ഡാമേജൊന്നും പറ്റാത്തിടത്തോളം കാലം ഇത് ബുദ്ധി വരും കൂടുതൽ ഡാമേജായാൽ പിന്നെ നടക്കത്തില്ല അത് എന്റെ ഒരു സംസ്കാരം മനസ്സിലുണ്ടായിരുന്നാണ് വരും പിന്നെ അതിതാണ് നമ്മൾ അതിനെന്തുമാത്രം പ്രാധാന്യം ശ്രദ്ധ അതിനോട് എത്ര ആദരവ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വേണ്ടണം എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ കേട്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്നും പാട്ട് പാടിയിട്ട് എഴുന്നേറ്റ് പോ പലരും ഇരിക്കുന്ന അങ്ങനെയാണ് അവിടെ ഇരുന്നാലും ഉറക്കം വരും ഇവിടെ ഇരുന്നാ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ രാവിലെ ഇവിടുത്തെ ക്ലാസ്സിൽ വന്ന് ന്യൂസ് പേപ്പർ ഞാൻ കാണാറുണ്ട് ന്യൂസ് പേപ്പറോ കഥാപുസ്തകോ എന്താണെന്നറിയ ഇങ്ങനെ പല വെറൈറ്റികളാണ് അപ്പോ അതൊന്നും രക്ഷയില്ല അപ്പോ നമുക്കതിനോടൊരു ആദരവ് നമ്മുടെ മനസ്സിൽ വരണം ശ്രദ്ധ വരണം അപ്പോൾ മനസ്സ് വളരെ ജാഗ്രത ആയിരിക്കും മനസ്സ് വളരെ ഉന്മേഷത്തോടുകൂടിയിരിക്കും മനസ്സിനത് കാന്തം ഇരുമ്പിനെ പിടിക്കുന്ന പോലെ മനസ്സിൽ കയറിയും പിടിക്കും അവിടെ മനസ്സുണർന്നിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊന്നും വരത്തില്ല പലരും അങ്ങനെയൊക്കെ ആയിരിക്കുന്നു ആദരവ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതാണ് പറയുന്നത് ശാസ്ത്രം നമ്മൾ പഠിച്ചെടുക്കുന്നതല്ല ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതാണ് ശാസ്ത്രം അതിനോട് ഒരു ആദരവുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റായ ധാരണയാണ് അത് കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിക്കാൻ എപ്പോ എഞ്ചുകോടി പഠിക്കാൻ അന്ന് കഷ്ടപ്പെട്ടു എന്നിട്ട് പഠിച്ചോ പഠിച്ചതുമില്ല പന്ത്രണ്ടിന്റെ എഞ്ചോടി എനിക്കിന്നും അറിയത്തില്ല അറിയാമോ ആ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുണ്ടോ അത് കഷ്ടപ്പെട്ടാ പറ്റില്ല പഠിക്കാൻ കഷ്ടപ്പെട്ടത് അവനോട് ആ അറിയത്തില്ലായിരുന്നു അന്നു ചൂരനും കൊണ്ട് രണ്ട് സൈഡിൽ നിൽക്കല്ലേ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ പഠിപ്പിക്കേണ്ട അങ്ങനെയല്ല പഠിക്കേണ്ട അങ്ങനെയല്ല എന്നൊന്നും അറിയത്തില്ല നമ്മളുടെ മനസ്സിൽ അതിനോട് ഒരു ആദരവ് വരണം ശ്രദ്ധ വരണം അങ്ങനെ വരുമ്പോ അത് നമ്മുടെ ഉള്ളിൽ പതിയും അത് പ്രകാശിക്കുക എന്ന് പറയുന്ന അതാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതാണ് പഞ്ചദേശികാരന്റെ പ്രക്രിയ എന്ന് പറയും ചിസുഖീകാരൻ അതിന് മുമ്പാണ് സമയം ഇതിൽ വന്നില്ല ഏഹ്സുഖീകാരൻ അതിന് മുമ്പായിരിക്കും അല്ലെ ചിസുഖീനും ഈ പ്രക്രിയ പറയുന്നു ഈ ശ്ലോകത്തിൽ വരാത്ത അതിനു മുമ്പുള്ള ആളാണ് ഏഹ് ചിസുകാചാര്യ മുമ്പേ ഉള്ള ആള് ഇത് വന്നത് ഇപ്പോ പക്ഷെ ആ പ്രക്രിയ അവിടെ ചിതാഭാസൻ എന്ന് പറഞ്ഞു വിദ്യാരണ സ്വാമി ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് വിദ്യാരണ സ്വാമി വളരെ സുന്ദരമായ ഭാഷയിൽ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ആളാണ് നല്ലൊരു സാഹിത്യകാരനും ഹൃദയത്തിന്റെ സഹായം ഏഹ് ഹൃദയത്തിന്റെ സഹായം ഇദ്ദേഹത്തിന്റെ എത്രയോ ഗ്രന്ഥങ്ങൾ സഹന ഭാഷ മീമാംസയില് വ്യാകരണത്തില് അദ്വൈതത്തില് അതീ പറഞ്ഞതുപോലെയാണ് അവർക്കത് പിന്നെ അതില് പരിശ്രമം വേണ്ടെന്നുണ്ട പറയുന്നത് ഇതിനെ പിന്തുടരുന്ന ഒരു പരിശ്രമം ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കടന്ന് കഷ്ടപ്പെടുന്നൊന്നുമല്ല അതല്ല അപ്പൊ മനസ്സ് അതിലേക്ക് മുഴുകിയിരിക്കാന്നുള്ളതാണ് അങ്ങനെ ഒരു അനുഗ്രഹീതനായൊരു ഗ്രന്ഥകർത്താവാണ് വിദ്യാരണി സ്വാമി സർവദർശന സംഗ്രഹവും സർവദർശന സംഗ്രഹവും അത് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നത് പോലെ അത്യധികം കാവ്യവും അതി കർക്കശമായ തർക്കവും ഒരുപോലെ വഴങ്ങുന്ന അത് ഇവർക്കെല്ലാം യോജിക്കും ഇവരെല്ലാവരും എന്താ അതിശയമാണ് ഇപ്പം ശിശുതാചാര്യനും അതുപോലെ തന്നെ സാഹിത്യം അതുപോലെയാണ് അസം തർക്കം അതുപോലെയാണ് മഹസോന സരസ്വതി അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യവും ഇനി ആ തർക്കത്തിൽ തന്നെ സാഹിത്യം കൊണ്ടുവന്നയാളാണ് വാചസ്വര മിശ്ര അദ്ദേഹത്തിൻ്റെ ഓരോ വരിയിലും സാഹിത്യമാണ് അക്കാര്യത്തിലൊക്കെ അവർ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് ഇത്ര സുന്ദരമായൊരു ഭാഷ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ വേറെയില്ല വാചസ്മന് മിശ്രൻ്റെ ഓരോരോ ഗ്രന്ഥത്തിലും കിട്ടത്തില്ല എന്നുവെച്ചാൽ അദ്വൈതത്തിലല്ല പിന്നെ ഉണ്ടെന്ന് പറയുന്നത് വിശിഷ്ടാദ്വൈതത്തിലൊരു വേദാന്ത ദേശികരുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പ്രൗഢമായ ഗ്രന്ഥങ്ങൾ എഴുതിയാളാണ് രാമനെ കുറിച്ചാണെന്നേ ഉള്ളൂ അദ്ദേഹം അതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആളാണ് ഇതൊരു ന്യായാമർഗത്തിനെ കുറിച്ച് ഇറക്കിറക്കി പലരും പറഞ്ഞേക്കാമല്ലോ അത് വ്യാസതീർത്ഥൻ വ്യാസരാജൻ എന്നൊക്കെ പറയും അതും അദ്ദേഹം അതുപോലെയാണ് പ്രതിഭാശാലിയാണ് അതിപ്പോ കിട്ടും ഗ്രന്ഥം അത്വസിദ്ധിയോടെ പങ്കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ വൃത്തി വ്യാപ്തി ഫലവ്യാപ്തി എന്ന് പറയുന്നത് ഈ മൂന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേറെയും ശ്ലോകങ്ങളുണ്ടെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണത് അതിന്റെ വേദ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫലവ്യാപ്തി ഉണ്ടെങ്കിലേ വേദ്യമാകും ഫലവ്യാപ്തി ഇല്ലെങ്കിൽ അവേദ്യം ഇതാണ് അദ്വൈതിയുടെ പക്ഷം അതുകൊണ്ട് ബ്രഹ്മം അവേദ്യമാണ് അവിടെ ഫലവ്യാപ്തില്ല ധർമാധർമ്മങ്ങളോ അതും അവേദ്യമാണ് എന്തുകൊണ്ടവിടെ ഫലവ്യാപ്തി ഇല്ല അയോഗ്യമായൊരു വിഷയമല്ല അന്ധക്കരണവൃത്തി തഥാകാരത്തിൽ പരിണമിച്ച് അത് ഫലവ്യാപ്തി ഉണ്ടാകുന്നതിന് അതുകൊണ്ട് അത് അവേദ്യമാണ് അതിനെ കുറിച്ച് ഇനി ചർച്ചയും വിശദമായി